ം അൻപത് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു ഞാൻ നിങ്ങളുടെ അമ്മയെ ഉപേക്ഷിച്ചു കളഞ്ഞതിന്റെ ഉപേക്ഷണപത്രം എവിടെ അല്ല എന്റെ കടക്കാരിൽ ആർക്കാകുന്നു ഞാൻ നിങ്ങളെ വിറ്റുകളഞ്ഞത് നിങ്ങളുടെ അകൃത്യങ്ങളാൽ നിങ്ങൾ നിങ്ങളെ തന്നെ വിറ്റുകളഞ്ഞു നിങ്ങളുടെ ലംഘനങ്ങളാൽ നിങ്ങളുടെ അമ്മ ഉപേക്ഷിക്കപ്പെട്ടുമിരിക്കുന്നു ഞാൻ വന്നപ്പോൾ ആരുമില്ലാതിരിപ്പാനും ഞാൻ വിളിച്ചപ്പോൾ ആരും ഉത്തരം പറയാതിരിപ്പാനും സംഗതി എന്ത് വീണ്ടെടുപ്പാൻ കഴിയാത്തവണ്ണം എന്റെ കൈ വസ്ത്രവുമായി കുറുകിയിരിക്കുന്നുവോ അല്ല വിടിവിപ്പാൻ എനിക്ക് ശക്തിയില്ലയോ ഇതാ എന്റെ ശാസനകൊണ്ട് ഞാൻ സമുദ്രത്തെ വറ്റിച്ചു െ മരുഭൂമികളാക്കുന്നു വെള്ളമില്ലായികയാൽ അവയിലെ മത്സ്യം ദാഹം കൊണ്ട് ചത്തുനാറുന്നു ഞാൻ ആകാശത്തെ ഇരുട്ടുടിപ്പിക്കുകയും രട്ടുപുതപ്പിക്കുകയും ചെയ്യുന്നു തളർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിന് യഹോവയായ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു അവൻ തോറും ഉണർത്തുന്നു ശിഷ്യന്മാരെ പോലെ കേൾക്കേണ്ടതിന് അവൻ ചെവി ഉണർത്തുന്നു യഹോവയായ കർത്താവ് എന്റെ ചെവി തുറന്നു ഞാനോ മറുത്തു പിൻതിരിഞ്ഞതുമില്ല അടിക്കുന്നവർക്ക് ഞാൻ എന്റെ മുതുകും രോമം പറിക്കുന്നവർക്ക് എന്റെ കവിളും കാണിച്ചുകൊടുത്തു എന്റെ മുഖം നിന്നയ്ക്കും തുപ്പലിനും മറച്ചിട്ടുമില്ല യഹോവയായ കർത്താവ് എന്നെ സഹായിക്കും അതുകൊണ്ട് ഞാൻ അമ്പരന്ന് പോകയില്ല അതുകൊണ്ട് ഞാൻ എന്റെ മുഖം ബീക്കല്ലുപോലെയാക്കിയിരിക്കുന്നു ഞാൻ ലജ്ജിച്ചു പോകയില്ല എന്ന് ഞാൻ അറിയുന്നു എന്നെ നീതികരിക്കുന്നവൻ സമീപത്തുണ്ട് എന്നോട് വാദിക്കുന്നവൻ ആർ നമുക്ക് തമ്മിൽ ഒന്ന് നോക്കാം എന്റെ പ്രതിയോഗി ആർ അവൻ ഇങ്ങു വരട്ടെ ഇതാ യഹോവയായ കർത്താവ് എന്നെ തുണയ്ക്കുന്നു എന്നെ കുറ്റം വിധിക്കുന്നവൻ ആർ അവരെല്ലാവരും വസ്ത്രം പോലെ പഴകിപ്പോകും പുഴു അവരെ തിന്നുകളയും നിങ്ങളിൽ യഹോവയെ ഭയപ്പെടുകയും അവന്റെ ദാസന്റെ വാക്ക് കേട്ടനുസരിക്കുകയും ചെയ്യുന്നവൻ ആർ തനിക്ക് പ്രകാശമില്ലാതെ അന്ധകാരത്തിൽ നടന്നാലും അവൻ യഹോവയുടെ നാമത്തിൽ ആശ്രയിച്ച് തന്റെ ദൈവത്തിന്മേൽ ചാരിക്കൊള്ളട്ടെ ഹാ തീ കത്തിച്ച് തീയമ്പുകൾ അരക്കുകെട്ടുന്നവരെ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ തീയുടെ വെളിച്ചത്തിലും നിങ്ങൾ കൊളുത്തിയിരിക്കുന്ന തീയമ്പുകളുടെ ഇടയിലും നടപ്പീൻ എന്റെ കയ്യാൽ ഇത് നിങ്ങൾക്ക് ഭവിക്കും നിങ്ങൾ വ്യസനത്തോടെ കിടക്കേണ്ടി വരും